അതിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ അധ്യായത്തെ പൊതുവെ അതൊരു ചോദ്യങ്ങളുടെ അധ്യായമായിട്ട് കാണാൻ കഴിയും അതിൻ്റെ പല ഭാഗങ്ങളിൽ പരീശന്മാർ ഹരോദ്യര് സദൂഖ്യര് ശാസ്ത്രിമാരിലൊരാള് എന്നിങ്ങനെയുള്ളവര് കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു കർത്താവ് അവരോട് പല കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവും അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മാത്രം വ്യത്യസ്തമായ പത്ത് ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് എന്നീ വാക്യങ്ങളിൽ നമ്മൾ ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നുകൂടെ പറയുന്നു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒൻപത് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്നീ വാക്യങ്ങളിൽ ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത്രയേറെ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പന്ത്രണ്ടാം അധ്യായത്തെ ചോദ്യങ്ങളുടെ ഒരു അധ്യായം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം ഇതിൻ്റെ തുടക്കത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കർത്താവ് ഒരു നേരത്തെ പതിനൊന്നാം അധ്യായത്തിൽ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവ് ഒരു ഉത്തരം പറയാതെ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തേഴ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണല്ലോ പന്ത്രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് അപ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ആ പാരഗ്രാഫില് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും വന്നിട്ട് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ ഇങ്ങനെ ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത് അതിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത് ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കും അതിൻ്റെ ഉത്തരം പറവീൻ എന്ന് പറഞ്ഞിട്ട് യോഹന്നെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് ഉത്തരം പറവീൻ എന്നൊരു ചോദ്യം കർത്താവ് അവരുടെ മുമ്പിൽ വയ്ക്കുന്നു ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറഞ്ഞാലും പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അവർ മറുപടി പറഞ്ഞില്ല കർത്താവും അതുകൊണ്ട് താൻ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അങ്ങനെ അന്യോന്യമുള്ള ഈ ചോദ്യങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ടാമത്തെ അധ്യായം ആ പന്ത്രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് അതൊരു ചോദ്യങ്ങളുടെ അധ്യായമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത് അപ്പം ഈ പതിനൊന്നില് കർത്താവ് അവരെ ചോദിച്ച കാര്യങ്ങൾക്ക് നേരിട്ടൊരു മറുപടി പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ ഒന്നു മുതല് പന് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലെ കർത്താവ് പറയുന്ന ഒരു ഉപമ കർത്താവായിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഈ തന്നോട് ചോദ്യം ചോദിച്ച ഈ പരീശന്മാരെയും മൂപ്പന്മാരെയും തുടങ്ങിയവരെയും ഒക്കെ അതിൽ ഉൾക്കൊള്ളിച്ച് കർത്താവ് ഒരു ഉപമ പറയുകയാണ് ആ ഉപമ മനസ്സിലായി തങ്ങളെക്കുറിച്ചാണ് എന്ന് മനസ്സിലായി ആ ഉപമ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണ് അതെന്ന് പറയുന്നത് ഒരാള് ഒരു തോട്ടം തോട്ടം മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി എന്നിട്ട് അതിൻ്റെ അത് കുടിയാന്മാരെ ഏൽപ്പിച്ചു ആ കുടിയാന്മാരിൽ നിന്ന് അനുഭവം വാങ്ങാൻ വേണ്ടി താൻ കാലാകാലങ്ങളിൽ പല ദാസന്മാരെ അയച്ചു പക്ഷെ അവരൊക്കെ ഈ കുടിയാന്മാരുടെ കൈയേറ്റങ്ങൾക്കും അവരുടെ ആ നിലയിലുള്ള ഉപദ്രവങ്ങൾക്കും വിധേയരായി ചിലരെ അവർ കൊന്നു ഉടനെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥ പറഞ്ഞു എന്നാൽ എൻ്റെ മകനെ ഞാൻ അയക്കാം മകനെ അവർ ശങ്കിക്കും പക്ഷെ മകനെ അയച്ചപ്പം ഇവനാണ് അവകാശി എന്ന് പറഞ്ഞ് അവരവനെ പിടിച്ചു കൊന്ന് കൊ കൊന്നുകളഞ്ഞു ഈ കാര്യം പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഒരു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനായി സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് കർത്താവ് ഒരു ഉദ്ധരണിയും പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഉപമ തങ്ങളെക്കുറിച്ചാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരെ യേശുവിനെ പിടിപ്പാനായിട്ട് അന്വേഷിച്ചു എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി ഇങ്ങനെ ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഈ ഉപമ നമുക്കറിയാവുന്ന ഈ ഉപമ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കിയാൽ അത് നമുക്കും ദൈവസന്നിധിയിൽ വളരെ നന്ദി നൽകുന്ന ഒരു കാര്യമാണ് ഇതെന്താണ് ഈ കുടിയാന്മാർ ആരാണ് അല്ലെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയ മനുഷ്യൻ ദൈവം തന്നെയാണ് ഇസ്രായേൽ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രത്യേകതകളോടും ആനുകൂല്യങ്ങളോടും കൂടെ ആ ഇസ്രായേൽ ജനമാണ് മുന്തിരിത്തോട്ടം ഈ ഇസ്രായേൽ മക്കളെ ജാതികളിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക ജനമായിട്ട് സംരക്ഷിച്ചിരുന്ന മോശയുടെ ന്യായപ്രമാണമാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ വേലി നമ്മളവിടെ വേലി കെട്ടി എന്നൊക്കെ നമ്മൾ കാണുന്നു അപ്പം ഈ വേലിയെന്ന് പറയുന്നത് ഈ ജനം ഇസ്രായേൽ മക്കൾ ജാതികളിൽ നിന്ന് പ്രത്യേകമാണ് എന്നുള്ള മോശയുടെ ന്യായ ആ ഒരു സംരക്ഷണമാണ് അവരുടെ വേലി എന്നിട്ടതിലെ കുടിയാന്മാരാരൊക്കെയാണ് കുടിയാന്മാരെന്ന് പറയുന്നത് ഈ യഹൂദന്മാരുടെ ഇടയിലുള്ള പലതരത്തിലുള്ള പരീശന്മാർ ശാസ്ത്രിമാരും മൂപ്പന്മാരും ആരൂദിരും സദൂക്കയുമൊക്കെ ഉൾപ്പെടുന്ന ആ യഹൂദ നേതൃ നരെയാണ് കുടിയാന്മാര് ദൈവം എന്തു ചെയ്തു ദൈവമായ തൻ്റെ ദാസന്മാരെ അയച്ചു എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ് ഈ ദൈവം കാലാകാലങ്ങളിൽ പഴയ നീമ ഈ യഹൂദന്മാരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു അവരെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് വിശുദ്ധിയും സ്നേഹവും ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ അവരുടെ ഇടയിലേക്ക് അയച്ചു അതാണ് ദൈവം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അയച്ച ദാസന്മാർ എന്നാൽ ഇവരെന്തു ചെയ്തു ഈ കുടിയാന്മാർ ഈ പരീശന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെ അവരെ പ്രവാചകന്മാരെ പീഡിപ്പിക്കുകയും ചിലരെ കൊല്ലുകയും ഒക്കെ ചെയ്തു ഉടനെ ഇപ്പോഴും പ്രസക്തമായിട്ട് കർത്താവ് ഇത് പറയുമ്പോൾ അപ്പോൾ പ്രസക്തമായിട്ട് അപ്പോൾ വർത്തമാനകാലത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പന്ത്രണ്ടിൻ്റെ ആറ് എട്ട് വാക്യങ്ങളിൽ പറയുന്നത് ഒടുവിൽ എന്തു ചെയ്തു ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ പ്രിയപുത്രനെ അയച്ചു അതാരാണ് യേശു അവനെ അവർ ശങ്കിക്കും എന്ന കരുതിയാണ് ദൈവം ഈ യഹൂദന്മാരുടെ അടുത്തേക്ക് യേശുവിനെ അയച്ചേക്കുന്നത് എന്നാൽ അവരെന്തു ചെയ്തില്ല അവനെ ആദരിച്ചില്ല അവര് ഗൂഢാലോചന നടത്തി അവനെ കൊന്നുകളഞ്ഞു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉപമയിലൂടെ തൻ്റെ മരണം പ്രവചിക്കുകയാണ് ചെയ്യുന്നത് മുൻകൂട്ടി പ്രവചിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തൻ്റെ കൊലയാളികള് ഇവരായിരിക്കും ഈ കുടിയാൻമാരായിരിക്കും ദൈവം ഈ മുന്തിരിത്തോട്ടം നോക്കാനായിട്ട് ഈ യഹൂദാന്മാരുടെ നേതൃ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയാണ് കർത്താവിനെ കൊന്നുകളയുക അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക എന്നൊക്കെയും കർത്താവ് പ്രവചനാത്മാവിൽ അവരോട് പറയുന്നു ഇത് പറഞ്ഞിട്ട് താന് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദ്ധരണി എടുക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് അവിടെ എന്താ നമ്മൾ വായിക്കുന്നത് വീട് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു അപ്പോൾ ഈ കുടിയാന്മാരെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് തൻ്റെ ദൈവത്തിൻ്റെ നിർമ്മാണ പദ്ധതിയിൽ നിന്ന് മഷിഹായെ അവർ നിഷ്കാസനം ചെയ്തിരിക്കുന്നു മഷിഹായാണ് അവർ തള്ളിക്കളഞ്ഞ കല്ലാണ് പക്ഷെ ആ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നുകൊണ്ട് ദൈവത്തിനായിട്ടൊരു പണി അവിടെ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ഉപമ അവസാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഈ ഉപമ തങ്ങളെക്കുറിച്ചാണ് എന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായി എന്നാണ് വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ഉപമയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ കുടിയാന്മാര് അവരുടെ ദൈവത്തിൻ്റെതായ ആ നിർമ്മാണ പദ്ധതിയുടെ മൂലക്കല്ലായിട്ട് ഉപയോഗിക്കാവാമായിരുന്ന ആ ദൈവത്തിൻ്റെ പ്രിയപുത്രനെ അവർ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു അതുകൊണ്ട് എന്ത് എന്ത് സംഭവിച്ചു ദൈവം പണിയുന്ന ആ ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പ്രവർത്തനത്തിൽ അവർ തള്ളിക്കളഞ്ഞ കർത്താവിനെ തന്നെ മൂലക്കല്ലാക്കിക്കൊണ്ട് ഇതാ ഒരു പണി ദൈവം ചെയ്യുന്നു യഹൂദന്മാർക്ക് അതിൽ പങ്കാളിത്തമില്ല പിന്നെ അതിൽ ആർക്കാ പങ്കാളിത്തം നമ്മളെ പോലുള്ള ജാതികൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് അതിൽ പങ്കാളിത്തം അവൻ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും നമ്മളെ ഇന്ന് ദൈവത്തിൻ്റെ ഈ സത്യങ്ങളുടെ മേൽവിചാരകന്മാരായിട്ട് പുതിയ ഉടമ്പടി സഭയെ ദൈവമാക്കിയിരിക്കുന്നല്ലോ നമുക്കിത് എത്ര അനുഗ്രഹമായ ഒരു കാര്യമാണ് യഹൂദനെ ഉദ്ദേശിച്ച് ദൈവം കൊണ്ടുവന്ന കാര്യമാണ് പക്ഷേ അവരെ അത് പ്രാപിപ്പാനായിട്ട് യോഗ്യരായിത്തീർന്നില്ല അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞു എന്നാൽ നമ്മൾക്ക് ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് കർത്താവ് മൂലക്കല്ലായിട്ടുള്ള ദൈവത്തിൻ്റെ ആ പ്രവർത്തന പദ്ധതിയിൽ ആ നിർമ്മാണ പദ്ധതിയിൽ നമുക്കാണ് സ്ഥാനം ലഭിച്ചത് യഹൂദന്മാരെ ആ കുടിയാന്മാരെ നിഗ്രഹിച്ചു അവരെ തള്ളിക്കളഞ്ഞു നമ്മളെ കർത്താവ് ആ സ്ഥാനത്തെടുത്തു നമുക്കെത്രയോ നന്ദിയോടെ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ ഒരു നമ്മുടെ ഒരു നന്മ കൊണ്ടല്ല കർത്താവിൻ്റെ കരുണ ഈ നിർമ്മാണ പദ്ധതിയിൽ നമുക്ക് കർത്താവായ യേശുവിനെ മൂലക്കല്ലാക്കിക്കൊണ്ടുള്ള ആ ദൈവത്തിൻ്റെ പണിയിൽ നമുക്കൊരു പങ്കാളിത്തം ദൈവം തന്നല്ലോ യഹൂദന്മാർ വിശ്വസ്തരായില്ല അവർ നഷ്ടമായിപ്പോയി നമ്മളെന്താകരുത് നമ്മൾ അവിശ്വസ്തരായി തീരരുത് എന്നൊരു മുന്നറിയിപ്പും പാഠവും ഈ യഹൂദന്മാരിൽ നിന്ന് നമുക്കെടുത്ത് വിശ്വസ്തയോടെ നമുക്ക് ആ മുന്നോട്ട് പോകാം ആ കാര്യത്തിലേക്കാണ് ഈ ഉപമാ വിരല മർക്കോസ് പന്ത്രണ്ടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഉപമയെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ആ രക്ഷാകര പ്രവൃത്തിയിൽ അവരെ യഹൂദന്മാരെ അവിശ്വസ്തരായി തീർന്നു അവരെ കർത്താവിനെ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് കർത്താവിനെ മൂലക്കല്ലാക്കിക്കൊണ്ടുള്ള ഈ ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയിലെ പണിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കൊക്കെ യാതൊരു അർഹതയും ഇല്ലാതിരുന്ന നമുക്ക് ഒരു സ്ഥാനം ലഭിച്ചു നമ്മളതുകൊണ്ടും ഭയത്തോടും വിറയിലോടും കൂടെ തന്നെ ഈ ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടി സഭയുടെ ഭാഗമായിട്ട് ആയിരിക്കണം യഹൂദനെ ആ നിലയിൽ കർത്താവ് ഉപേക്ഷിച്ചെങ്കിൽ നമ്മളും വിശ്വസ്തരായിരിക്കണം എന്നൊരു പാഠം ഈ ഉപമയിൽ നിന്ന് നമ്മൾ എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് തുടർന്ന് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പരീശന്മാരും ഹേരോധ്യരും ഒക്കെ ചേർന്ന് കർത്താവിനെതിരെ ഒന്നിച്ചു വന്നിട്ട് അവരൊരു ചോദ്യം കർത്താവിൻ്റെ മുമ്പാകെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതാ നോക്കുക പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹേരോദ്ധ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അന്നത്തെ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പല ഗ്രൂപ്പുകളാണ് പല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണ് പരീശന്മാർ ഹരോധ്യർ സദൂഖ്യർ ഇങ്ങനെയുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ പരീശന്മാർ താരതമ്യേന അന്ന് അവരെ ഭരിച്ചിരുന്ന റോമൻ അധിനിവേശ ആ അവരിൽ ഒട്ടും തൃപ്തിയില്ലാതെ അവരെ അവരെ ഒട്ടും സഹിപ്പാൻ കഴിയാത്ത ആളുകളായിരുന്നു യഹൂദ പരീശന്മാർ എന്നാൽ ഹേരോദ്യരാകട്ടെ ഈ റോമൻ ഭരണകൂടത്തെ ഒരളവിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വേറൊരു വ്യത്യസ്തരായ ആളുകളായിരുന്നു ഈ പരീശന്മാരും ഹരൂദ്ധ്യരും തമ്മിൽ സ്വാഭാവികമായിട്ട് യോജിപ്പൊന്നുമില്ല അവർ തമ്മിൽ വിരുദ്ധ ചേരിയിലാണ് നിൽക്കുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അവർക്കുള്ളത് എങ്കിലും അവർ രണ്ടു കൂട്ടരും വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രണ്ടു കൂട്ടരും തമ്മിൽ യോജിക്കുന്നു എന്തിന് യോജിക്കുന്നു കർത്താവായി യേശു വാക്കിൽ കൊടുക്കാൻ വേണ്ടി ഇതാ ഈ രണ്ട് പരസ്പരം കണ്ണിന് കാണാൻ പാടില്ലാതെ അന്യോന്യ ശത്രുതയിൽ നിന്ന പരീശന്മാരും ഹിരൂദ്ധ്യരും യോജിച്ച് കർത്താവിനെതിരെ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മളിത് കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരളവിൽ തൻ്റെ കാലഘട്ടത്തിലെ സാന്നിധ്യം കൊണ്ട് ഈ പരീശന്മാരെയും ഹിരൂദ്ധ്യരെയും അവരെ ഒന്നിക്കാനായിട്ട് അവർ യോജിക്കാനായിട്ട് കർത്താവിൻ്റെ അടുത്ത് അങ്ങനെ യോജിച്ചു വരാനായിട്ടൊരു മുഖാന്തരമായി എന്ന് നമുക്ക് കാണാൻ കഴിയും കർത്താവ് അങ്ങനെയാണ് താന് നമ്മളെ പീലാത്തോസിനെ കുറിച്ചും ഹേരോദാവിനെക്കുറിച്ചും കാണുന്നുണ്ടല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയം വിസ്തരിക്കുന്ന സമയം പീലാത്തോസ് മുമ്പാകെ യേശു വന്നപ്പോൾ പീലാത്തോസ് അന്വേഷിച്ചപ്പോൾ യേശു ഗലീല നാടുകാരനാണ് അങ്ങനെയാണെങ്കിൽ ഗലീല നാടിൻ്റെ അധികാരി ഹേരോദാവാണ് ഹേരോദാവ് ആ സമയത്ത് എരിശിലേമിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് പീലാത്തോസ് എന്ത് ചെയ്യുന്നു യേശുവിനെ ഹേരോദാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു ഹേരോദാവ് കർത്താവിനെ കണ്ടത് സന്തോഷിച്ചു അവൻ അത്ഭുതങ്ങൾ വല്ലതും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കർത്താവ് അവനോട് ഹേരോദാവിനോട് ഒന്നും മിണ്ടിയില്ല ഒടുവിൽ കർത്താവിനെ നിസ്സാരനാക്കി തിരിച്ച് ഹേരോദാവ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തന്നെ അയയ്ക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ ലൂക്കോസ് ഇരുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് ഈ പീലാത്തോസും ഹേരോദാവും തമ്മിൽ ഉള്ളുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ സൗന്ദര്യ രണ്ടുപേരും വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ ഈ യേശുവിനെ വിസ്തരിക്കുന്ന ആ ഒരു രംഗത്ത് പീലാത്തോസ് യേശുവിനെ ഹേരോദാവിൻ്റെ അടുത്ത് അയച്ചു ഹേരോദാവ് അത് ഉൾക്കൊണ്ടതിന് ശേഷം യേശുവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് അയച്ചു ഇതിൻ്റെ ഫലമായിട്ട് അന്നു മുതൽ പീലാത്തോസും ഹേരോദാവും സ്നേഹിതന്മാരായി തീർന്നു അതുവരെ അവർ തമ്മിൽ പടക്കത്തിലായിരുന്നു എന്നാണ് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് കണ്ടോ കർത്താവായ യേശു അടുത്തേക്ക് വന്ന ആളുകൾ വിരോധികളായ ആളുകളെ പോലെയും പോലും താന് ഒരളവില് യോജിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പീലാത്തോസിനെയും ഹേരോദാവിനേയും അന്ന് യോജിപ്പിച്ചതുപോലെ ഇവിടെ ഇതാ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ തമ്മിൽ കണ്ടുകൂടാത്ത പരീശന്മാരെയും ഹേരോദ്യരെയും തമ്മിൽ യോജിപ്പിക്കുന്നു അവർ വന്നിട്ട് എന്താ ചോദിക്കുന്നത് അവർ വന്നിട്ട് ഒരു കുടുക്കു ചോദ്യമാണ് ചോദിക്കുന്നത് അവർ ചോദിക്കുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് കൈസർക്ക് കരം കൊടുക്കാം അത് വിഹിതമാണെന്ന് പറഞ്ഞാൽ കർത്താവിന് യഹൂദന്മാരുടെ ഇടയിൽ ഒക്കെ ഉള്ള അംഗീകാരം നഷ്ടമായി പോകും റോമൻ ഭരണത്തെ അനുകൂലിക്കുന്നു എന്നുള്ള ഒരു ധാരണ കിട്ടും കർത്താവിനുള്ള ജനപ്രീതി നഷ്ടമാകും അതേസമയം കൈസർക്ക് കരം കൊടുക്കുന്നത് വേണ്ട എന്ന് കർത്താവ് പറഞ്ഞാൽ എന്തു പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നിലവിലിരിക്കുന്ന ഭരണാധികാരികളുടെ മുമ്പിലേക്ക് യേശുവിനെ വലിച്ചഴച്ച് യേശുവിനെ ജനദ്രോഹി എന്ന നിലയിലെ വിചാരണയ്ക്ക് വിധേയനാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ചോദ്യത്തിന് ഏത് മറുപടി പറഞ്ഞാലും യേശുവിൻ്റെ കാര്യം കുഴപ്പത്തിലാകും എന്ന് മനസ്സിലാക്കി ബുദ്ധിയായിട്ട് ഇവർ വളരെ ആലോചിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ യേശു അതിന് ഇത്രയും ഭംഗിയായിട്ടൊരു മറുപടി വേറെ ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല കർത്താവ് പറഞ്ഞു ഒരു വെള്ളിക്കാശ് കാണട്ടെ അപ്പൊ കർത്താവിൻ്റെ കീശയിലെടുക്കാൻ ഒരു വെള്ളിക്കാശ് പോലും ഇല്ലായിരുന്നു എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തം ഏതായാലും അവരൊരു വെള്ളിക്കാശ് ഹാജരാക്കിയപ്പം തിബരിയാസ് കൈസറുടെ സ്വരൂപമാണ് ആ വെള്ളിക്കാശില് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം പറയുന്നു കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കുടുപ്പീൻ എന്ന് പറയുന്നു അപ്പോൾ കർത്താവിനെ രണ്ടു വിധത്തിലും അവർക്ക് വാക്കിൽ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ ഹേരോദ്യരും പരീശ്വരും രണ്ടു കൂട്ടരും നിരാശപ്പെട്ട് പരാജയപ്പെട്ട് നാണംകെട്ട ആ നിന്ന് പിന്മാറുന്നു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞ ആ വാക്യത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു പാഠം വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ നോക്കാം കൈസർക്കുള്ളത് കൈസർക്ക് ആ നാണയത്തിൽ കൈസറുടെ മേലെഴുത്താണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് കൈസർക്ക് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിനുള്ളത് ആരാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ വായിക്കുന്നത് മനുഷ്യനെ ദൈവം എന്തു സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഇതാ ഈ നാണയത്തിൻ്റെ മേല് ോമൻ കൈസരുടെ സ്വരൂപമാണ് അത് വഹിക്കുന്നതെങ്കിൽ ആ നാണയത്തിന്റെ മേലുള്ളതെങ്കിൽ മനുഷ്യരായ എല്ലാവരുടെയും മേലുള്ള ആ മേലെഴുത്ത് ആ സ്വരൂപം ആ സാദൃശ്യം ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് അപ്പോ മനുഷ്യൻ ആത്യന്തികമായിട്ട് ദൈവത്തിനുള്ളതാണ് ദൈവത്തിനായിട്ട് ജീവിക്കണം കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തോളൂ ഈ ധനവും ഈ നാണയവും ഒക്കെ പൊക്കോട്ടെ പക്ഷേ മനുഷ്യരായ നമ്മൾ ദൈവത്തിനായിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ള വലിയ പാഠം കർത്താവ് നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് അന്ന് പറഞ്ഞ ആ പാഠം നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ നമ്മുടെ മേലെന്തുണ്ട് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യതയും അതുകൊണ്ട് നമ്മൾ ദൈവത്തിനായിട്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് കൈസർക്കുള്ളത് എന്റെ പിന്നാലെ നമ്മൾ നമ്മുടെ സ്വരൂപവും സാദൃശ്യവും ഒക്കെ നഷ്ടമാക്കി മനുഷ്യരായ നമ്മൾ അത് നേടാനായിട്ട് പോ പോകുന്നത് ശരിയല്ല കാര്യം കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും വഹിക്കുന്ന മനുഷ്യരായ നമ്മൾ ആത്യന്തികമായി ദൈവകാര്യങ്ങൾക്കായിരിക്കണം മുഖ്യസ്ഥാനം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് ഭംഗിയന്തരേണ യേശു ഇവിടെ നമുക്കും ഒരു സന്ദേശം നൽകുകയാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ലോകക്കാരല്ല ഈ ലോകം നേട്ടമെന്ന് പറയുന്ന ധനമുണ്ടായിരിക്കും പല കാര്യങ്ങളുണ്ടായിരിക്കും അത് അതിൻ്റെ പുറകെ പോയി നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടമാക്കരുത് കാരണം നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യതയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെയാണ് കൊടുക്കേണ്ടത് ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നിലയിൽ ആ നിലയില് നമ്മളെ മാറ്റി തീർക്കും എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു പാഠമായിട്ട് നമുക്കെടുക്കാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം ഈ ലോകത്തിലെ ഈ ഭരണകൂടം അതിനെ അതിന് കൊടുക്കേണ്ട ആ കാര്യമോ മറ്റ് കാര്യങ്ങളോ ആ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമോ ഒക്കെ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുക അല്ലാതെ അവരുടേതെടുത്ത് ദൈവത്തിന് കൊടുക്കേണ്ട കരം കൊടുക്കാതെ ആ പണം കൊണ്ടുവന്ന് ദശാംശമോ അല്ലെങ്കിൽ സ്തോത്രാഴ്ച പാത്രത്തിലോ ഇടുന്ന ഒരു പതിവുള്ള ചില ക്രിസ്ത്യാനികളെങ്കിലും ഉണ്ടാകും അങ്ങനെയല്ല ദൈവം പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക കരമോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ ഒക്കെ അവർക്ക് കൊടുക്കുക എന്നാൽ ദൈവത്തിനോടുള്ള ആ വിശ്വസ്തയ്ക്ക് മാറ്റം വരരുത് ദൈവത്തിനോടുള്ള വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്ന ഏതെങ്കിലും കാര്യം ഭരണകൂടം നിർബന്ധിച്ചാൽ നമ്മളതിന് വിധേയരാകരുത് കാരണം നമുക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് നമ്മൾ ദൈവത്തിനാണ് കാരണം ദൈവത്തിനുള്ളത് ദൈവത്തിനാണ് ആ ഒരു രംഗത്ത് മാത്രമേ നമ്മൾ ഭരണാധികാരികളിൽ നിന്ന് വേറിട്ട് നിൽക്കാവൂ അല്ലാത്ത രംഗങ്ങളിലെല്ലാം അവർക്ക് കൊടുക്കേണ്ട മാനം ബഹുമാനം അവർക്ക് കൊടുക്കേണ്ട ആ വിധേയത്വം അവർക്ക് കൊടുക്കേണ്ട കരം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം അവർക്ക് നൽകുക കൈസർക്ക് നൽകുക കർത്താവിന് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് നൽകുക ഇതാണ് ഇന്ന് ജീവിതത്തിലെ പുലർത്തണ്ട ഒരു രീതിയെന്നും ഇതിലൂടെ കർത്താവ് നമ്മളോട് ആ ചെയ്യുന്നത് ഇത് നമുക്ക് ജീവിക്കാം മർക്കോസ് പന്ത്രണ്ടിൻ്റെ അവസാന പാരഗ്രാഫിലേക്ക് വരുമ്പോ വിധവയുടെ വഴിപാടിനെ നമ്മൾ കാണുന്നത് അവിടെ കർത്താവ് ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരുന്ന് ആളുകൾ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു കർത്താവ് എന്നിട്ട് ആ വിധവയെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വളരെ നിസാരമായ തുകയിട്ട് ആ വിധവയെ കർത്താവ് അഭിനന്ദിച്ചു കാരണം അവളെ ദരിദ്രയായ വിധവ മറ്റുള്ളവര് തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞ് അവളെ അവളെ അഭിനന്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയും കർത്താവിൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യക്തമാണ് കർത്താവിന് ക്വാണ്ടിറ്റി അല്ല പ്രധാനം അളവല്ല പ്രധാനം അതിൻ്റെ പിന്നിലെ മനോഭാവമാണ് ക്വാണ്ടിറ്റിയേക്കാൾ അതിൻ്റെ പിന്നിലുള്ള ക്വാളിറ്റി അതിൻ്റെ ആ നിലയിലുള്ള ഗുണമാണ് കർത്താവ് കണക്കിലെടുക്കുന്നത് ഈ വിധവയുടെ രണ്ട് കാശ് അത് ഗുണ അതിൻ്റെ ഗുണമെന്താണ് അവളത് സന്തോഷത്തോടെയാണ് അവളെ ഇട്ടത് അവള് ത്യാഗപരമായിട്ട് സന്തോഷത്തോടെ അതിട്ടു നമ്മളെ സംബന്ധിച്ചും ചെയ്യുന്ന പ്രവൃത്തി അത് പണമിടുന്നതാകട്ടെ ഒരു കാര്യം ചെയ്യുന്നതാകട്ടെ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ ലോകം നോക്കുന്നത് അതിൻ്റെ വലിപ്പമാണ് ലോകം നോക്കുന്നത് എന്നാൽ കർത്താവ് എപ്പോഴും അതിൻ്റെ ഗുണമാണ് അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് അതിൻ്റെ പിന്നിലുള്ള സന്തോഷമാണ് അതിൻ്റെ പിന്നിലുള്ള സ്നേഹമാണ് കർത്താവ് കണക്കിലെടുക്കുന്നത് ഇത് ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് നേരെ എതിരായ ഒരു പ്രമാണമാണ് നമ്മൾ ഇന്ന് ആത്മീയ ലോകത്തായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ പുലർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വൈപുല്യമോ വലിപ്പമോ ലോകം അത് കാണുന്നുണ്ടോ ഈ കാര്യങ്ങൾ അല്ല മറിച്ച് കർത്താവിൻ്റെ ഹിതത്തിന് കർത്താവിൻ്റെ ഹൃദയത്തിന് സന്തോഷമുള്ളത് അതിൻ്റെ പിന്നിലുള്ള സ്നേഹത്തിൻ്റെ ഒരു മനോഭാവമാണ് അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയാണ് അതിൻ്റെ പിന്നിലുള്ള സന്തോഷമാണ് ഇത് നമ്മൾ ക്രിസ്തീയ പ്രവർത്തനങ്ങളിലെ ക്രിസ്തീയ ജീവിതത്തിൽ ഉടനീളം കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അവിടെ കാണുന്നു അവിടുത്തെ ആ ദേവാലയം നശിക്കപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രഭാഷണം അതിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പ് പീഡാനുഭവങ്ങൾ ശിഷ്യന്മാർക്കുണ്ടാക്കാൻ പോകുന്ന ആ നിലയിലുള്ള ഉപദ്രവങ്ങൾ മഹാപീഡനകാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മനുഷ്യപുത്രൻ ആ തേജസ്സില് വരുന്ന കാര്യത്തെക്കുറിച്ച് ഇതെല്ലം അടങ്ങുന്ന കർത്താവിൻ്റെ ഒലിയുമല പ്രഭാഷണം എന്ന പ്രസിദ്ധമായ ആ പ്രഭാഷണമാണ് മർക്കോസ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മളെ കാണുന്നത് അവിടെയും പല കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഒരു ഒരു ചെറിയ കാര്യം ഒരു ചെറിയ കാര്യം നമ്മൾ അത് സംബന്ധിച്ച് നോക്കിയാൽ ഇവിടെ പലരും ആദ്യ നാളിനെ കുറിച്ചുള്ള ഈ കാര്യത്തോട് ബന്ധപ്പെട്ട കർത്താവ് പറയുന്നു നിങ്ങൾ എന്തു വേണ്ട നിങ്ങളെ ആ നിലയിലെ ഏർ അന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ട വചനങ്ങൾ തരും നിങ്ങൾ അവസാന കാലത്ത് ഈ പതിമൂന്നിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത് പതിമൂന്നിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നു അന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നവര് നിങ്ങളെ മുൻകൂ കൊണ്ടുപോയി ന്യായാധിക സഭയ്ക്ക് മുമ്പിലോ വല്ലതും അവിടെ വെച്ച് ആളുകളുടെ മുമ്പില് നാട് രാജാക്കന്മാരുടെ മുമ്പാകെ നിർത്തുമ്പോൾ അവരോട് എന്ത് പറയുമെന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ആത്മാവ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഒരു വാക്യത്തെ ഇന്ന് ചിലർ തെറ്റായ നിലയിൽ എടുക്കാറുണ്ട് നമ്മൾ ദൈവസഭയിൽ സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോഴും ആ നാഴിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ പറയാനുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അന്നേരം തന്നോളും അതിനെക്കുറിച്ച് മുൻകൂട്ടി വിചാരപ്പെടരുത് അതുകൊണ്ട് ഒരു കാര്യത്തെ കുറിച്ച് ഒരുങ്ങാതെ വന്ന് നിന്ന് ആളുകളുടെ സമയം പാഴാക്കുന്ന ആ ഒരു രീതിക്ക് ഒരു ന്യായീകരണം എന്നുള്ള നിലയിൽ ചിലർ ഈ പതിനൊന്നാമത്തെ വാക്യം എടുക്കാറുണ്ട് എന്നാൽ അതിനുള്ള ഒരു ന്യായീകരണമല്ല പതിനൊന്നാമത്തെ വാക്യം അത് ആദ്യകാലത്ത് ഈ നിലയില് ആ പീഡിതരായ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉദവിയാണ് അതല്ലാതെ ഇത് ഇന്ന് ശുശ്രൂഷകന്മാർ അവർ ഒരു അവർക്കുള്ള ഒരു വാഗ്ദാനമായിട്ട് എടുത്ത് ഒരുങ്ങാതെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് വാക്യം തന്നോളും തരികയില്ല എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എങ്കിൽ പോലും ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രവണത ആ കാര്യം അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പ്രിയപ്പെട്ടവര് പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായിട്ടുണ്ട് ആദ്യകാലത്ത് നമ്മൾ പീഡനങ്ങളുടെ മുമ്പാകെ രാജാക്കന്മാരുടെയും ന്യായാധിപസംഘത്തിൻ്റെ മുമ്പാകെയൊക്കെ കോടതിക്ക് മുമ്പാകെയൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ഓർപ്പിച്ച് തരും ഇവിടെ ഈ അധ്യായം പതിമൂന്നാമത്തെ അധ്യായമെന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് ചോദ്യങ്ങളുടെ അധ്യായമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പതിമൂന്നാമത്തെ അധ്യായത്തെ നമുക്ക് ഇങ്ങനെ പറയാം ഇത് മുന്നറിയിപ്പുകളുടെ അധ്യായമാണ് മുന്നറിയിപ്പുകൾ സൂക്ഷിച്ചു കൊൾവീൻ ഭ്രമിച്ചു സഹിച്ചു നിൽക്ക ഉണർന്നിരിപ്പീൻ വിചാരപ്പെടരുത് മടങ്ങിപ്പോകരുത് അറിഞ്ഞുകൊള്ളുവീൻ എന്നൊക്കെയുള്ള ഒത്തിരി ക്രിയാപദങ്ങള് നമ്മളിവിടെ കാണുന്നു കാരണം ഇത് അന്ത്യ ഒരു പീഡാനുഭവത്തെ പറയുന്ന സമയമാണ് മനുഷ്യപുത്രൻ്റെ വരവ് പല കാര്യങ്ങൾ അതിൻ്റെ അവസാനത്തിലേക്ക് വരുന്നു ഒരു നദി അതിൻ്റെ പതന സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെ വേഗത കൂടും എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനും ഒക്കെയുള്ള ആ സമയത്തിലേക്ക് അടുത്തതുപോലെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഗതിവേഗം വളരെ കൂടിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിയാപദങ്ങൾ വെർബുകള് ധാരാളമുള്ള ഒരു അധ്യായമാണ് ഈ പതിമൂന്നാമത്തെ അധ്യായം നമ്മൾ നോക്കുക മുന്നറിയിപ്പുകൾ ധാരാളം നമുക്ക് കാണാം ആ നമ്മൾ എന്ത് സംഭവിക്കാം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളാം ധാരാളം നമ്മളെ വഴിതെറ്റിക്കാവുന്ന പല കാര്യങ്ങളും വരാവുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ക്രിയാപദങ്ങളെ എട്ടെണ്ണത്തെ വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ നോക്കാം സൂക്ഷിച്ചുകൊള്ളു എന്ന പ്രയോഗം പതിമൂന്നിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഒൻപതാമത്തെ വാക്യത്തിൽ ഇരുപത്തിമൂന്നിൽ മുപ്പത്തിമൂന്നിൽ നമുക്ക് കാണാൻ കഴിയും ഭ്രമിച്ചു പോകരുത് എന്ന മുന്നറിയിപ്പ് ഈ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ കാണാം സഹിച്ചു നിൽക്കുക എന്ന ആ നിലയിലുള്ള ഒരു മുന്നറിയിപ്പ് പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് കാണുന്നത് ഈ കാലഘട്ടത്തിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലും പതിനെട്ടാമത്തെ വാക്യത്തിലും നമുക്ക് ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വിചാരപ്പെടരുത് വിചാരപ്പെടാവുന്ന ഒരു കാലഘട്ടമാണിത് വിചാരപ്പെടരുത് എന്നൊരു മുന്നറിയിപ്പ് പതിനൊന്നാം വാക്യത്തിൽ കാണുന്നു മടങ്ങിപ്പോകരുത് ഒരിക്കലും പിന്മാറരുത് പുറകോട്ട് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് പതിനഞ്ചാമത്തെ വാക്യത്തിലും പതിനാറാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊള്ളീൻ അറിയുക അറിഞ്ഞുകൊള്ളീൻ എന്നൊരു മുന്നറിയിപ്പ് പതിമൂന്നിൻ്റെ ഇരുപത്തി ഒൻപതിൽ കാണുന്നു ഉണർന്നിരിപ്പി എന്നൊരു മുന്നറിയിപ്പ് പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ മുപ്പത്താറാമത്തെ വാക്യത്തിൽ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ ഒക്കെ നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ആ പഴയതിനേക്കാളും അന്ത്യകാലത്തോട് വളരെ ലോകമടുത്തു എന്ന് ഏർ സംഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തില് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഭ്രമിച്ചു പോകരുത് കർത്താവ് ഇത് രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞു പറഞ്ഞ ഈ കാര്യം ഇന്ന് വളരെ പ്രസക്തമാണ് ഭ്രമിച്ചു പോകാവുന്ന ഒരു കാലഘട്ടമായ ഇത് നമ്മൾ എന്തു ചെയ്യരുത് ഭ്രമിച്ചു പോകരുത് പതിമൂന്നിന്റെ ഏഴ് സഹിച്ചു നിൽക്കണം ആ അത് കുറച്ചുനാൾ സഹിച്ചു നിന്നാ പോരാ പതിമൂന്നിന്റെ പതിമൂന്നാമത്തെ വചനം നമ്മളോട് പറയുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും കുറച്ചുനാള് സഹിച്ചു നിന്നു പിന്നെ അത് വിട്ടുകളഞ്ഞാൽ പ്രയോജനമില്ല ഈ കാലഘട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിലും മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി സൂക്ഷിക്കണം അപകടം ഉള്ളത് കൊണ്ടാണ് സൂക്ഷിക്കുക എന്നതിനുള്ള മുന്നറിയിപ്പ് അഞ്ച് ഒൻപത് ഇരുപത്തി മൂന്ന് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ വിചാരപ്പെടരുത് വാക്യത്തിൽ മടങ്ങി പോകരുത് പതിനാറ് വാക്യത്തിലും പതിനഞ്ചാം വാക്യത്തിലും അറിഞ്ഞുകൊള്ളീൻ എന്ന മുന്നറിയിപ്പ് ഇരുപത്തൊൻപതാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാറ്റിലും ഉപരി ഉണർന്നിരുപ്പീൻ എന്നുള്ള ആ മുന്നറിയിപ്പ് ഇതാ മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്താറ് വാക്യങ്ങളിൽ ആവർത്തിക്കുന്നു ആ മുപ്പത്തേഴാമത്തെ വാക്യത്തോടെയാണ് അധ്യായം അവസാനിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഭ്രമിച്ചു പോകാതെ നമ്മളെ ഉണർന്ന് ആ നിലയിൽ പ്രാർത്ഥിച്ച് വിചാരപ്പെടാതെ ധൈര്യത്തോടെ കർത്താവിൽ കൂടുതൽ ആശ്രയിച്ച് ഓരോ ചുവടിലും സൂക്ഷിച്ച് നിൽക്കാനായിട്ട് കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ നമ്മളെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു ഈ മുന്നറിയിപ്പുകളെ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ഗൗരവമായിട്ടെടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ